ിൽ നിന്ന് നമ്മള് പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മളെ ചിന്തിക്കുന്നത് എത്ര ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ കഴിഞ്ഞയാഴ്ച നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അതിൻ്റെ പിന്നിലുള്ള പർപ്പസ് എന്താണ് ലക്ഷ്യമെന്താണ് ഈ കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ കഷ്ടങ്ങളിലൂടെ കിടക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഹിതമെന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു നമുക്ക് തുടർന്ന് അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം പന്ത്രണ്ടാമത്തെ വാക്യം എബ്രാഹർ കെ ജില്ല പന്ത്രണ്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ പതിമൂന്ന് മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നമ്മൾ ഇവിടെ കാണുന്നത് തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുക മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് കാലിന് പാത നിരത്തുക എന്നാണ് നമ്മൾ കണ്ടത് അതിൻ്റെ മുകളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിവിധ നിലയിലുള്ള കഷ്ടങ്ങളെക്കുറിച്ച് ബാലശിക്ഷയെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു ആ ബാലശിക്ഷയിലൂടെ കടന്നു പോകുമ്പോഴും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെക്കുറിച്ച് വേണ്ടത്ര വ്യക്തത ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു പോകും ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകും നമുക്ക് ഈ അതിനോട് ചേർത്ത് എങ്ങനെ പറയാം നമ്മൾ തളർന്നു പോകും കുഴഞ്ഞു പോകും അപ്പം കണ്ടോ ഈ കഷ്ടതകൾ ആ നിലയിൽ നമ്മളെ കുഴഞ്ഞു കളയാനോ നമ്മൾ തകർന്നു പോകാനോ വേണ്ടി ദൈവം അനുവദിക്കുന്നതല്ല ഒരു വ്യക്തമായ ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്നതാണ് അതെല്ലാ കാലവും ഉണ്ടാകുകയില്ല ദൈവത്തിൻ്റെ ആ പർപ്പസ് ആ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം അവിടുന്ന് ആ കാര്യത്തിൽ നിന്നൊരു വിടുതൽ നേടും ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചിന്തിക്കുകയായിരുന്നു എന്നാൽ അതിനോട് ചേർത്ത് ആ പാരഗ്രാഫിൽ തന്നെ ആ കണ്ണയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആകെയാൽ അതുകൊണ്ട് അപ്പോൾ മുകളിൽ പറഞ്ഞ കഷ്ടങ്ങളോട് ചേർത്ത് നമുക്കിങ്ങനെ ചിന്തിക്കാം ആകയാൽ അതുള്ളത് അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടെങ്കിൽ നമുക്കെന്ത് സംഭവിക്കുകയില്ല നമ്മൾ തളർന്നും കുഴഞ്ഞും പോകുകയില്ല ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് ആ ആ തളർച്ചയെയും ആ കുഴച്ചിലിനെയും നമ്മൾ ചിന്തിച്ചാൽ ആകെയാൽ എന്നൊരു പദം കൊണ്ട് ഇതിനെ തമ്മിൽ ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു നമ്മൾ കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല തളർന്നു പോകേണ്ടതായ കാര്യമില്ല കാരണം നമ്മളത് വിശദമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു ദൈവം ആ കാര്യങ്ങൾ അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യത്തോടെയാണ് അതുപോലെ ആ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അത് മാറ്റി മാറ്റും അത് നമ്മൾ നീതി എന്ന സമാധാന ഫലം നമുക്ക് തരുന്നതാണ് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു അത തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും അതെന്തു ചെയ്യണം ഒരു പക്ഷേ കടന്നുപോയി അങ്ങനെ തളർന്നും കുഴഞ്ഞുമാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് അത് നിവർത്താനായിട്ട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ കൈ തളർന്നുപോയി മുഴങ്കാൽ കുഴഞ്ഞുപോയി അത് നിവർത്തി ആ തളർച്ചയും കുഴച്ചിലും മാറ്റി പിന്നെയും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് നമ്മളവിടെ കാണുന്നത് ഇത് കേവലം എബ്രാഹലേഖനകാരൻ്റെ ഒരു വാക്യമല്ല പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ഐശയ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നോക്കുക ഐശയ്യാവ് മുപ്പത്തിയഞ്ചിൻ്റെ മൂന്നിലെ നമ്മൾ വായിക്കുന്നത് തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ ഇങ്ങനെയാണ് നമ്മളവിടെ കാണുന്നത് ഈ ഒരു വാക്യം എടുത്ത് ഇവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ തുടർന്ന് ഈ യശയാവിൻ്റെ പുസ്തകത്തിലെ ഈ വാക്യം പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ഇസ്കിയ രാജാവിന് ഒരു വലിയ കഷ്ടത്തിലൂടെ കടന്നു പോയതും ഒക്കെയായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന അഭിപ്രായലേഖനത്തെ പറഞ്ഞു വരുന്ന ആ കഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടസ്റ്റിൽ തന്നെയാണ് ഏഷ്യാവിലും ഈ കാര്യം പറയുന്നത് അതിൻ്റെ അടുത്ത അധ്യായത്തിൽ മുപ്പത്താറാമത്തെ അധ്യായത്തിൽ ഇസ്കെ രാജാവ് അശൂർ രാജാക്കന്മാരുമായിട്ടുള്ള ആ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ യുസ്കിയാവിൻ്റെ നിലപാടുകൾ ദൈവസന്നിധിയിൽ നമ്മൾ ഈ രാജാക്കന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ യുസ്ക്യാവ് ദൈവത്തോട് അടുത്ത് നിന്നൊരു രാജാവാണ് ദൈവഹിതപ്രകാരം ജീവിച്ച ഒരു രാജാവാണ് അങ്ങനെയുള്ള ആ രണ്ടധ്യായങ്ങൾ അങ്ങനെയുള്ള കാര്യമാണ് തൻ്റെ നേരെ ഉണ്ടായ ശത്രുരാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമുക്കതൊന്നും എടുത്ത് പറയാനായിട്ട് സമയമില്ല കാരണം അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തെട്ടിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇതെല്ലാം നേടിക്കഴിഞ്ഞ് ദൈവം അവനെ വിടുപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇസ്ത്യാവിന് ഇസ്ത്യാവിന് മരണകരമായ ഒരു രോഗം പിടിക്കുന്നു രോഗം പിടിക്കുന്നു ആ രോഗത്തിൽ അവൻ മരിച്ചു പോകും എന്ന് എശയ പ്രവാചകൻ അവനോട് വന്ന് പറയുന്നു നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും എന്നവനോട് പറയുന്നു അവിടെ ഇസ്കാവ് കരയുന്നതും ആ ഇസ്ത്യാവിനെ ആ കാര്യത്തിൽ നിന്ന് ദൈവം വിടിപ്പിക്കുന്നതും ഒക്കെയാണ് ആ കഷ്ടത്തിൽ നിന്ന് വികുന്നതുമൊക്കെയാണ് അവിടെയും പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എബ്രായം ലേഖനക്കാരൻ അല്ലെങ്കിൽ എബ്രാഹംലേഖനം ആ ഒരു എഴുത്തല്ല അതൊരു പ്രസംഗമാണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൗലോസാണ് അത് നടത്തുന്നതെങ്കിൽ താനെന്താ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് തനിക്ക് പഴയ നിയമ തിരുവഴുത്തുകളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളയാളാണ് കഷ്ടങ്ങളിലെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം എന്താ താൻ ഓർത്തത് ഒരു പക്ഷേ ഇസ്കിയാവിൻ്റെ ആ ചരിത്രമൊക്കെ ആയിരിക്കും ഇസ്കിയാവ് താന് പറയുന്ന ഒരു ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത് കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിവസമാണ് മുപ്പത്തിയേഴിൻ്റെ മൂന്നാമത്തെ വാക്യം ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല നമുക്ക് എത്ര വലിയൊരു ഒരു ആംഗ്ലിഷിലൂടെയാണ് യാവ് കടന്നുപോകുന്നത് അതിനെ താൻ പറഞ്ഞേക്കുന്നത് എന്താണ് ഒരു സ്ത്രീയെ പ്രസവിക്കാനായിട്ട് ആയി പക്ഷേ പ്രസവം മാത്രം നടക്കുന്നില്ല കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു ആ ലോകം ഏറ്റവും കൂടുതൽ വലിയ വേദനയായിട്ട് പറയുന്ന ഒരു വേദനയാണ് പ്രസവ വേദന പക്ഷേ അത് നീണ്ടുപോകുന്നു പ്രസവം നടക്കുന്നുമില്ല അതിനോട് ചേർത്താണ് ഇസ്കിയാവ് ഇതിനെക്കുറിച്ച് പറയുന്നത് കഷ്ടവും ശാസനയും ഉള്ള ദിവസമാണ് കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പിനോ ശക്തിയില്ല തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളെ അങ്ങനെ വലിയ കഷ്ടമായിട്ട് ടിസ്കിയാവ് ചിത്രീകരിക്കുകയാണ് മുപ്പത്താറിലും മുപ്പത്തേഴിലും തുടർന്ന് മുപ്പത്തെട്ടിലും നമ്മൾ ആ കാര്യമാണ് കാണുന്നത് ആ പശ്ചാത്തലത്തിൽ ഈ കാര്യമൊക്കെ ഒരുപക്ഷെ എബ്രാഹലേഖനകാരൻ ഓർത്തപ്പോൾ പെട്ടെന്ന് താൻ ആ കഷ്ടങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഏഷ്യാവിൽ നിന്ന് കിട്ടിയ ഒരു വചനം ഇതിൻ്റെ മധ്യത്തിൽ തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴിഞ്ഞ മുഴങ്കാലുകളെ എന്നാൽ പഴയ നിയമവചനം താൻ പെട്ടെന്ന് ഓർത്ത് അത് ഒരുപക്ഷെ ഇവിടെ ഉദ്ധരിച്ചതായിരിക്കാം പന്ത്രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വചനം അങ്ങനെയാണ് ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തി വയ്ക്കും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം വേറൊരു തലയിലും പറയാം കയ്യെ എന്തിനെ കാണുന്നു കാണിക്കുന്നു പ്രവർത്തനത്തെ കാണിക്കുന്നു കയ്യെ കയ്യെ പ്രവർത്തനത്തെ കാണിക്കുന്നു മുഴങ്കാലെന്തിനെ കാണിക്കുന്നു മുഴങ്കാൽ പ്രാർത്ഥനയെ കാണിക്കുന്നു മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നോക്കുക നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഇതിനെ എടുത്താൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ എന്തുണ്ട് പ്രവർത്തനമുണ്ട് പ്രവർത്തനമുണ്ട് മുന്നോട്ടുള്ള യാത്രയുണ്ട് ഇവിടെ ആ യാത്ര ഒരു വശത്തുണ്ട് പ്രവർത്തനങ്ങൾ ഒരു വശത്തുണ്ട് അപ്പോൾ തന്നെ എന്താണ് പ്രാ പ്രാർത്ഥനയും ഉണ്ട് പ്രവർത്തനവും പ്രാർത്ഥനയുമുണ്ട് ഇവിടെ വന്നപ്പോൾ എന്തോ സംഭവിച്ചു അത് രണ്ടും രണ്ടും കുഴപ്പത്തിലായിപ്പോയി കൈ എന്ത് പറ്റി കൈ തളർന്നു പോയി കൈ എങ്ങനാണ് തളർന്നു പോയത് പ്രവർത്തിച്ചാണ് തളർന്നു പോയേക്കുന്നത് മുഴങ്കാലെങ്ങനെയാണ് കുഴഞ്ഞു പോയേക്കുന്നത് പ്രാർത്ഥിച്ചാണ് ഒരു പക്ഷേ ഈ മുഴങ്കാലങ്ങ് കുഴഞ്ഞു പോയേക്കുന്നത് അപ്പോൾ ദൈവവചനം വളരെ റിയലിസ്റ്റിക്കാണ് ദൈവവചനം വളരെ യാഥാർത്ഥ്യ ബോധമുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ ഈ ദൈവവചനത്തെ യാഥാർത്ഥ്യ ബോധമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എബ്രാഹി ലേഖനകാരൻ പറഞ്ഞതിന് നിങ്ങൾ ഒരു ഒരിക്കലും ഒരു തളർച്ച ഉണ്ടാകരുത് ഒരു കുഴ കുഴഞ്ഞ അനുഭവം ഉണ്ടാകരുത് നമ്മളാര നമ്മൾ ദൈവത്തിൻ്റെ മക്കളോ നമ്മളങ്ങ് അങ്ങ് പൊക്കണം എന്നെല്ലാം ഒരു അതൊരു സൂപ്പർ സ്പിരിച്വൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിപ്പോയന് യാഥാർത്ഥ്യമെന്താ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം നോക്കുക നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതം ഒരുപോലാണ് അല്ല ചിലപ്പോൾ എന്ത് വരാം ചിലപ്പോൾ ചില തളർച്ച വരാം കുഴച്ചിൽ വരാം ഇന്നലെ തന്നെ ഒരു പിതാവിൻ്റെ ശവസംസ്കാരത്തിന് ഞാൻ രണ്ട് സഹോരന്മാരെ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ഒരു സഹോരനം വീട്ടിലെ ഒത്തിരി പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു അവിടെ ചെന്ന് ഈ പിതാവ് തൊണ്ണൂറ് വയസ്സുള്ള ഈ പിതാവ് ദൈവത്തിനായിട്ട് ജീവിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ മക്കളും പെൺമക്കളും വിശ്വാസത്തിലല്ലാത്തവരും ഒക്കെ പറയുന്ന കേട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയുക ഏതായാലും ഇച്ചിരി കീളിച്ചിരിക്കുകയാണ് അവിടെ വന്ന് ശക്തിപ്പെട്ടു ഈ പിതാവിൻ്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ യാഥാർത്ഥ്യം എന്താ യാഥാർത്ഥ്യം നമുക്ക് പലപ്പോഴും പല പ്രായോഗിക രംഗങ്ങളിലൂടെ വരുമ്പോൾ പിശാചിൻ്റെ പല വിധത്തിലുള്ള പോരാട്ടങ്ങളോട് ചേർന്ന് വരുമ്പോൾ നമുക്കെന്തോ സംഭവിക്കാം നമ്മൾ തളർന്നു പോകാം തളർന്നു പോകുന്നത് അതിൽ തന്നെ എന്തല്ല അതിൽ തന്നെ എന്തോ അപകടം പറ്റി ഞാനങ്ങ് തളർന്നു പോയി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അനാവശ്യമായിട്ട് കുറ്റം വിധിക്കേണ്ട കാര്യമില്ല ഞാനിത് പറയുമ്പോൾ തളരാൻ എല്ലാവർക്കും ഒരു അനുവാദം കൊടുത്തു എന്നല്ല നമ്മൾ കാണുന്നത് തളരരുത് തളരുത് മുഴങ്കൽ കുഴഞ്ഞു പോകരുത് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ അഥവാ അങ്ങനെ വന്നാൽ മനുഷ്യർക്ക് നടപ്പില്ലാത്ത എന്തോ വലിയ കാര്യം വന്നു ഞാൻ മാത്രം എന്തോ ഒരു വലിയ പാതകം ചെയ്തു എന്നുള്ള നിലയിൽ അനാവശ്യമായ ഒരു കുറ്റബോധത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ഒരു സഭയിൽ നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സാധാരണ പിശാജ് കൊണ്ടുവരാവുന്ന ഒരു കാര്യം എന്താ അനാവശ്യമായ ഒരു കുറ്റബോധമാണ് എനിക്ക് അറിയാം എനിക്കറിയാം നമ്മുടെ നമ്മൾ കാര്യം ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് അതിന് ഊന്നൽ കൊടുത്ത് നമ്മൾ നിൽക്കുമ്പം ഒരു ഹോളിനെസ് പ്രീച്ച് ചെയ്യുന്നിടത്ത് എപ്പോഴും പിശാജ് എന്ത് ചെയ്യും പിശാജ് ഈ കുറ്റബോധം കൊണ്ടുപോകും ഞാൻ പറയാറില്ലേ നെല്ല് വെയിലത്തിട്ടാൽ കാക്ക വരുമെന്ന് പറഞ്ഞ പോലെ ഹോളിനസ് പ്രീച്ച് ചെയ്യുന്ന ഏത് സഭയിലും ആളുകൾ പലപ്പോഴും അവർ തല ഉയർത്താൻ പറ്റാതെ ആ ഇനി നമുക്ക് കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ വലിയൊരു സ്വർഗത്തിൽ അന്നേരം ഒരു വലിയ നിശബ്ദതയുണ്ടായി എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഒരു നിശബ്ദതയാണ് എന്നാൽ ഇങ്ങനെയുള്ള ഹോളിനെസ്സൊന്നും പ്രീച്ച് ചെയ്യാത്ത ചില സഭകളിൽ നിങ്ങൾ പോയി നോക്കാം ഒരു ഹോളിനസ്സും ഇല്ല അവിടെ എല്ലാവരും പാസൂം അവരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുമ്പോഴും എല്ലാം ഒക്കെയാണ് പക്ഷേ ഈ പരിപാടി നടക്കുമ്പോൾ ആ ഇനി സാക്ഷ്യത്തിൻ്റെ സമയമെന്ന് പറയുന്നത് എല്ലാവരും എഴുന്നേറ്റും പാട്ടുമ്പോൾ എന്താ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞത് നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മൗനമായി പോകുന്നത് ദൈവവചനക്കേൾവിയുടെ മുമ്പാകെ ഹോളിനസിനെ കുറിച്ചുള്ള മുമ്പാകെ അത് ചിലപ്പോൾ നമ്മളെ ഒരു അനാവശ്യമായ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണോ പലപ്പോഴും സാക്ഷ്യം പറയാനായിട്ട് ആളുകൾക്ക് എഴുന്നേൽക്കാൻ ധൈര്യമില്ലാതിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൂടെ കൂടെ നമ്മളിവിടെ പറയേണ്ടതായിട്ടുണ്ട് പറയേണ്ടതായിട്ടുണ്ട് ദൈവവചനം വളരെ യാഥാർത്ഥ്യബോധമുള്ളതാണ് ദൈവവചനം ഇവിടെ പറയുന്നു ആ തളർന്നു നീ നിന്നെ കുറ്റം വിധിച്ച് പോയി ഇനിയിപ്പോൾ യൂതായെപ്പോലെ ഒരു മുഴുവൻ ക്വയറിൽ നിൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ടില്ല നീ തളർന്നെങ്കിൽ നീ നീ എൻ്റെ കൈ എങ്ങനെയാണ് തളർന്നു പോയത് നീ ഈ പോരാട്ടത്തിൽ നിന്നു നിന്ന് തന്നെയാണ് നിൻ്റെ കൈ തളർന്നു പോയത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് തന്നെയാണ് നിൻ്റെ കൈ തളർന്നു പോയത് നിൻ്റെ മുഴങ്കാലെങ്ങനെയാണ് കുഴഞ്ഞു പോയത് പ്രാർത്ഥിച്ച് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും മറുപടിയില്ലെന്ന് കണ്ട് കണ്ടു കണ്ടാണ് നീ എന്തായിപ്പോയത് നിൻ്റെ പ്രാർത്ഥനയിൽ മുഴങ്കാൽ കുഴഞ്ഞു പോയത് അതുകൊണ്ട് ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല പരിശുദ്ധാത്മാവ് പറയുന്നു നീ എന്തു ചെയ്താൽ മതി നീ ആ കൈകളുടെ തളർച്ച മാറ്റിയാൽ മതി അത് നിവർത്തിയാൽ മതി ഈ തളർന്ന കൈ നിവർത്തിയാൽ മതി കുഴഞ്ഞ മുഴങ്കാൽ നിവർത്തിയാൽ മതി കണ്ടോ ദൈവവചനം എപ്പോഴും പ്രായോഗികമുള്ള പ്രായോഗിക ബോധമുള്ളതാണ് അതുപോലെ രണ്ട് വശവും പറയുന്നു ഞാനിപ്പോൾ പറഞ്ഞിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഒന്നെന്ന് പറയുന്നത് എന്താ നമ്മൾ അനാവശ്യമായ കുറ്റബോധം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് രണ്ട് പറഞ്ഞത് എന്താ അതുകൊണ്ട് അനാവശ്യമായ കുറ്റബോധമൊന്നും വേണ്ട നമ്മൾ ഓ തളർച്ചയൊക്കെ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ തളർന്നൊക്കെ തന്നെ അങ്ങ് ഇരുന്നോളാം പിന്നെയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് പൊക്കോളാം എന്നൊരു ഒരു പെർമിഷനും അല്ല ഒരു പെർമിസയും ഗോസ്പലുമല്ല നമ്മൾ പറയുന്നത് നമ്മൾ അതുകൊണ്ട് പറയുന്നത് തളർന്നു തളരാനല്ല ദൈവം വെച്ചേക്കുന്നത് നീ തളർച്ച മാറ്റി നീ എന്തു ചെയ്യാം കയ്യെ നിവർത്ത് മുഴങ്കാൽ നിവർക്കുക രണ്ട് വിഷവും നമ്മൾ ഊന്നിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ബാലൻസ്ഡായിട്ടേ നമുക്ക് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളു പിശാജ് എന്ത് ചെയ്യും പിശാജ് ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ച് പോകും ഞാൻ ഈ പിശാജിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യണം പിശാജിനെ വലിയ മഹാനാക്കുക അവൻ വലിയ ബുദ്ധിമാനാണ് മിടുക്കനാ എന്നൊക്കെ പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഞാൻ പറയുന്നത് അവൻ്റെ മിടുക്കനെ പറയുന്നത് നമ്മൾ ഓരോരുത്തരുക്കും പറ്റിയ രീതിയിൽ അവന് അവൻ്റെ തന്ത്രം കൊണ്ടുവരും നമ്മുടേതുപോലെ ഗൗരവമില്ല ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ പറയാത്ത ഒരു സഭയാണെന്നിരിക്കണം അവിടെ അവൻ്റെ തന്ത്രം എന്തായിരിക്കും അവരെ ലോകമയത്വത്തിലേക്ക് കൂടുതൽ കൊണ്ടുപോയി അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നൊരു തന്ത്രമായിരിക്കും അവൻ അവിടെ പയറ്റുന്നു എന്നാൽ ഇവ ഇതുപോലെയുള്ള ഗൗരവമായിട്ട് ദൈവജനം പറയുന്നിടത്ത് അത് നടക്കുകയെന്ന് അവനറിയാം ആ നാളെ മുതൽ കള്ളുഷാപ്പിൽ പോകാനും ഒന്നും ഇവിടെ ഉള്ളവരെ അവൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല അത് നടക്കാത്തതുകൊണ്ട് അവനെന്ത് എന്ത് കൊണ്ടുവരാം നമ്മുടെ എഫക്റ്റീവ്നെസ് കളഞ്ഞാൽ മതി അവന് എങ്ങനെയെങ്കിൽ അതുകൊണ്ട് അവരെ ഒരു കുറ്റബോധത്തിൽ തളച്ചിട്ട് അവർ എഴുന്നേക്കാനൊക്കാതെ മുഖം വാടിയവരായിട്ടും ദുഃഖിക്കുന്നവരായിട്ടും എപ്പോഴും ഇതിൻ്റെ ഒരു ചൈതന്യമില്ലാത്തവരായിട്ടും ഇരിക്കണം അപ്പം അപ്പോഴവൻ്റെ ലക്ഷ്യം നേടി നമ്മൾ സാധാരണ തന്ത്രങ്ങളെ മനസ്സിലാക്കി നമുക്ക് നേരെ കൊണ്ടുവരുന്നത് കൂടുതലും ഈ നിലയിലുള്ള കുറ്റബോധമാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ എന്തു ചെയ്യണം കുടഞ്ഞ് കളയണം ഞാനിത് പറയുന്നത് ഒരു അനുവാദമല്ല പറയുന്നത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാനീ പറയുന്നത് പാപത്തെ ഒന്നും ഗൗരവമായിട്ട് എടുക്കണ്ട എന്നല്ല പാപത്തെ ഗൗരവമായി എടുക്കുക കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെ പറയുമ്പോൾ അതെന്തിലേക്കും കൊണ്ടുപോകരുത് കുറ്റബോധത്തിലേക്കും നമ്മളെ മുഖം താഴ്ത്തി കളയുന്നതിലേക്കും വരരുത് ഞാനെപ്പോഴും നമ്മുടെ തന്നെ എന്താ പറയുക നമ്മുടെ തന്നെ ഒരു നമ്മളെ തന്നെ ഉത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം ഞാൻ പിന്നെയും ഒരു വട്ടം കൂടെ പറയാം നമ്മൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് മുഖം വാടിയവരായിട്ട് ഇരുന്ന് പോകരുത് എന്നീ പറയുന്നത് നമ്മളെന്തുകൊണ്ടാണ് അങ്ങ് വിഷമിച്ചിരുന്ന് പോകരുതെന്ന് പറയുന്നത് നമ്മൾ ആ കഥ കേട്ടിട്ടില്ലേ നമ്മൾ ഒരാളോട് പറയുന്നു ഞങ്ങളിവിടെ വലിയ നല്ല സഭയാണ് നാളെ പോയി ഇങ്ങോട്ട് വാ എന്ന് നമ്മൾ പറയും ആ ആളെന്ത് ചെയ്യും ആ ആൾ അയാൾ അയാളെ തന്നെ നൂറ് പ്രാരാബ്ദങ്ങളിൽ പെട്ട് അയാൾ വിഷമിച്ചിരിക്കുക അയാൾ നമ്മുടെ മുഖത്തോട്ടൊന്ന് നോക്കും നോക്കുന്ന ഉടനെ നമ്മളെന്താ നമ്മൾ അതിനേക്കാളും ഇതൊരു നല്ല സഭയാ അപ്പോൾ അയാൾ പറയും എനിക്ക് എനിക്കല്ലാതെ തന്നെ നൂറ് തലവേദനയുണ്ട് നിങ്ങളുടെ തലേ നിങ്ങളുടെ സഭയിലോട്ട് വന്നു കൂടുതൽ തലവേദന ഞാൻ വലിച്ചു വെക്കുന്നില്ലെന്നല്ലേ അയാൾ പറയുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്കിതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ എങ്ങനെ കഴിയും ഇതിൻ്റെ ചൈതന്യത്തിലേക്ക് വന്നാലേ പറ്റുള്ളൂ നമ്മൾ മുഖം വാടിയവരായിട്ടിരിക്കാനല്ല ഇതിലൂടെ കടന്നുപോയി ഹോളിനസ് പ്രീ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നിരാശരായിട്ടും നടക്കുന്നില്ല എന്നുള്ള നിലയിലല്ല നമ്മളെ കൊണ്ട് നടക്കുന്നില്ല പക്ഷേ നമ്മളല്ലിത് നടത്തുന്നത് ദൈവം ചെയ്യും ദൈവത്തിൽ ചാരുക ദൈവത്തിൽ ചാരുക പ്രാക്ടീസ് ദ പ്രസൻസ് ഓഫ് ഗോഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നെയും പിന്നെയും പിന്നെയും ഇരുന്നത് വീണ്ടും വീണ്ടും വായിക്കുകയായിരുന്നു എത്രയോട്ടം വായിച്ചിട്ടുണ്ട് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രദർ ലോറൻസ് എന്ന് പറഞ്ഞൊരു ആള് അദ്ദേഹം ഒരു ഒരു സെമിനാരിയിൽ ഒരു സെമിനാരിയിൽ അവിടെ ഒരു കിച്ചണില് പണിയെടുക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ചിലർക്ക് എഴുതിയ കത്തുകളും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്തിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാവും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ട് സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലത്തുഭാഗത്തും പ്രമോദങ്ങളുമുണ്ട് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും സന്തോഷം കുറഞ്ഞു പോയാൽ ആ അത് സാരമില്ല എന്ന് പറയും നമ്മൾ ദൈവസാന്നിധ്യത്തിൽ അല്ലെന്നാണ് അത് കാണിക്കുന്നത് എവിടെയോ എന്തോ ഒരു കാര്യമുണ്ട് അത് ചിലപ്പോൾ പാപം തന്നെ ആകണമെന്നില്ല നമ്മൾ നോക്കുമ്പോൾ പാപമല്ല പക്ഷേ നമ്മുടെ അനാവശ്യമായ ഉത്കണ്ഠയാണോ ഒരു ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മോഹംവാടിയവരായിട്ട് ഇരിക്കാനാണേലും ദൈവം അതും ആഗ്രഹിക്കുന്നില്ല അനുതാപം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അനുതാപം ഒന്ന് നമ്മൾ ക്രിസ്തീയതയുടെ ചൈതന്യമുള്ളവരായും സന്തോഷമുള്ളവരായും ഇരിക്കുന്നത് വേറൊരു കാര്യം രണ്ട് ഇസ്ലിമുകളെ പിടിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളൊന്നല്ല ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെയാണ് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം പരസ്പര വിരുദ്ധമായ ഒത്തിരി കാര്യങ്ങളാണ് ഈ പറയുന്നത് സ്വാതന്ത്ര്യം നമ്മൾ വിജയത്തിലേക്ക് പോ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാം അവസാനം ഇതെല്ലാം പറഞ്ഞു തന്നെ എന്തുകൊണ്ട് വേറെ എങ്ങനെയാണ് അത് കീഴടങ്ങുന്നതിലൂടെ ഈ പറയുന്നു ഒന്നും തമ്മിലൊരു ഇത് ഇതാണ് ഇതൊരു മർമ്മം ഇതാർക്കെ വെളിപ്പെടുവുള്ളൂ ശിശുക്കളെ പോലെയുള്ളവർക്കെ വെളിപ്പെടുവുള്ളൂ ഇതൊക്കെ ഇത്രേ പറയാനൊക്കെയുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളെന്തോ ബാക്കിയൊക്കെ നിങ്ങൾ ഈ നടപ്പിലൂടെ കണ്ടെത്തിക്കോണം ഇത്രേ പറയാനുള്ളൂ ആ ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാം ആകെയാൽ തളർന്ന കൈയും കൊഴിഞ്ഞ മുല മുഴങ്കും നിവർത്തുവി മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിനെ പാത ഇവിടെ കണ്ടോ പാത എന്ന് പറയുന്നത് നടക്കാനായിട്ടുള്ളതാണ് നടക്കാനായിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ എബ്രാഹ്ലേന ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എബ്രാഹ്ലേന ഒന്നിൻ്റെ ഒന്ന് മുതൽ പത്താം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വരെ പത്തിൻ്റെ പതിനെട്ട് വരെ ഉപദേശങ്ങളാണ് പറയുന്നത് എന്നാൽ പത്തിൻ്റെ പത്തൊൻപത് മുതൽ പതിമൂന്നിൻ്റെ അധ്യായം അവസാനിക്കുന്നത് വരെ അതായത് എബ്രാ ലേഹനൻ തീരുന്നത് ഭാഗങ്ങളിൽ നമ്മൾ ആ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രായോഗികമായിട്ട് ഉള്ള നടപ്പിനെക്കുറിച്ചാണ് പറയുന്നത് കണ്ടോ നമ്മളതിൻ്റെ എബ്രും പത്താം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ പതിമൂന്നിൻ പതിമൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് വരെയുള്ള ഭാഗം പതിമൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ ഈ നടപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ മുകളിൽ എന്ത് പറയുന്നു മുകളിൽ അതിൻ്റെ ഉപദേശപരമായ കാര്യങ്ങളാണ് പറയുന്നത് ഇത് രണ്ടുമുണ്ട് ഉപദേശമില്ലാതെ എന്തില്ല നടപ്പില്ല എന്നാൽ ഉപദേശം മാത്രമായാലെന്തില്ല ഉപദേശം മാത്രമായാൽ ആ ഇത് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ഇത് പ്രായോഗികതയിലേക്ക് വരികയില്ല അതുകൊണ്ടാണ് എല്ലാം ഈ എബ്രായലേഖനവും ആ നിലയിൽ സമതു സമതുലനം ഉള്ളതാണ് ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നു പത്തിൻ്റെ പത്തൊൻപത് മുതൽ ഈ പാത നിരപ്പാക്കുകയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ നടക്കേണ്ട പാതയെക്കുറിച്ച് പറയും അതിൻ്റെ കണ്ടോ നമ്മൾ പത്തൊൻപത് കഴിഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിരണ്ടിൽ കണ്ടോ നിങ്ങളെന്തോ ചെയ്യണം പരമാർത്ഥഹൃദയത്തോടെ അടുത്ത് ചെല്ലണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഉപദേശം പലപ്പോഴും ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങളായിരിക്കും എന്നാൽ പാത നടപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ പത്തൊൻപത് കഴിഞ്ഞ് പറയുന്ന പല കാര്യങ്ങളും നമ്മളെന്ത് ചെയ്യണം ദുർമന സാക്ഷി നീങ്ങുമാറ് നമ്മൾ ചെയ്യ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥഹൃദയത്തോട് അടുത്ത് ചെല്ലുക നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തി മൂന്നാം വാക്യം പ്രത്യാശിയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക പ്രത്യാശയുടെ സ്വീകാരം സ്വീകാരം എന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല സ്വീകാരം സ്വീകാരം എന്ത് പ്രത്യേകിച്ച സ്വീകാരം ഈ പഴയ മലയാളം ബൈബിൾ ഇന്നലെ ഇന്നലെ ആ ശവസംസ്കാരത്തിൻ്റെ അവിടെ ചെന്നപ്പം ഞാൻ ചില ഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഭഗവാനെ പി ബൈബിളിൽ നിന്ന് ഒത്തിരി ഭാഗങ്ങൾ വായിച്ചു വായിച്ച് വായിച്ച് വന്നപ്പോൾ നമുക്കൊരു ഒരു സുഖമില്ല എന്താ നമ്മൾ ഈ പഴയ മലയാളം വായിച്ച് വായിച്ച് ഏ എന്നാൽ അതിൻ്റെ പുതിയ നിവർത്തനവും പുതിയ ലാംഗ്വേജും ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത പല വാക്കുകളും പുതിയ ലാംഗ്വേജ് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് പറഞ്ഞ പോലെ ഈ വാക്യത്തിലേക്ക് വരിക പ്രത്യാശയുടെ സ്വീകാരം സ്വീകാരം എന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യാശയുടെ സ്വീകാരം നാം മുറിവ പിടിച്ചത് അത് ഏതാണ്ട് ഒരു സ്വീകരണം ഏതാണ്ട് നമ്മൾ കയറി മുറിവെ പിടിച്ചേക്കണം എന്നേതാണ്ട് പറയും എന്തുവാട്ടവരെ കൺഫഷൻ എന്നാണ് സ്വീകാര്യം എന്ന് വെച്ചാൽ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ നമ്മളെന്തോ ചെയ്യരുത് നമ്മൾ വിട്ടുകളയരുത് ഇത്രയുള്ളൂ നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുമായിട്ട് ഇതിനൊരു ഭാഗം ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്യം പ്രത്യേകം എടുത്ത് പറയുന്നത് പ്രത്യാശയോടെ ഏറ്റു പറഞ്ഞു നമ്മൾ ദൈവോചനം കേൾക്കുമ്പോൾ ഇതുപോലെ ഒരു സഭയിലെ ദൈവോചനം വളരെ ശക്തമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്തായി പോകും നമ്മൾ സ്വാഭാവികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടപ്പാകുന്നില്ലല്ലോ ഇതൊന്നും പ്രായോഗികമാകുന്നില്ലല്ലോ എന്നൊരു നിരാശ വരാം ഈ ഒരു സൗകര്യം കൂടെ കൂടെ എന്നോട് പറയും ബ്രദറെ ഇന്ന് ഇവിടെ പറയുന്ന സിദ്ധാന്തത്തിനുമായിട്ട് ചേർത്ത് പോകുന്നില്ല പുള്ളിയുടെ പ്രായോഗികമായ ചില കാര്യങ്ങൾ പുള്ളിയെ നാട്ടുകാർ വന്ന് കളിപ്പിക്കുന്നു അവരിങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പല പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ മധ്യത്തിൽ ചില കാര്യങ്ങളൊക്കെ തനിക്ക് പഴയ ലോകത്തിൻ്റെ രീതിയിൽ അറിയാവുന്നത് അവരോട് കൈകാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുക പുറപ്പെടുമ്പോൾ അദ്ദേഹം പറയുക ഞാനതിന് പോയില്ല കാര്യം ഇവിടെ പറയുന്ന അത് ചേർത്ത് വരുന്നില്ലല്ലോ അതുകൊണ്ട് പോയില്ല ഇവിടെ കേൾക്കുന്ന സിദ്ധാന്തം സിദ്ധാന്തം എന്നാ അദ്ദേഹത്തിൻ്റെ ഇവിടെ കേൾക്കുന്ന സിദ്ധാന്തം പലപ്പോഴും നമ്മളെ ഓ എൻ്റെ പ്രായോഗിക തലത്തിൽ എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്നൊരു നിരാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകാം കൊണ്ടുപോകുമ്പോൾ ഇനി സാക്ഷ്യം പറയാമെന്ന് പറയുമ്പോൾ നമ്മൾ ഓ നമ്മളെന്തോ പറയാന് അതൊക്കെ ഇതൊക്കെ പറ്റുന്ന ആളുകളൊക്കെ എണ്ണിട്ട് പറഞ്ഞോട്ടെ എന്ന് അല്ലേ പ്രാർത്ഥിക്കാമെന്ന് പറയുമോ അതൊക്കെ ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിശബ്ദരായിരിക്കാനല്ല പറഞ്ഞേക്കുന്നത് ഈ വാക്യം എന്താ പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ച് കൺഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൺഫഷൻ എന്ന് പറഞ്ഞാൽ അത് നടന്നില്ല പക്ഷെ അത് നടക്കും എന്നുള്ള ഏറ്റുപറച്ച് അത് നമ്മൾ എന്താ ചെയ്തത് അത് വിട്ടുകളഞ്ഞേക്കരുത് വിട്ടുകളത് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ കാര്യമാണ് പറയുന്നത് എന്നെക്കൊണ്ട് നടന്നില്ല ഒരു ചെറുപ്പക്കാരനൊരിക്കലും ഒരു സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു എങ്ങനെയാണ് പറഞ്ഞത് ഞാനിതെല്ലാം കേട്ടു അതെല്ലാം ശരിയാണ് പക്ഷേ ഇതെല്ലാം ശരിയാണ് പക്ഷേ എന്നെ കൊണ്ടൊന്നും നടന്നില്ല ഞാൻ എൻ്റെ ജീവിതം ഒരു പരാജയമാണ് ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നു ഇരുന്ന മൂപ്പനെഴുന്നേറ്റ് പറഞ്ഞു വേറെ ഒന്നോടും ഇല്ല ഒന്നോടും ഒന്നുകൂടും നീണ്ടിയിട്ട് അപ്പോൾ ചെറുപ്പക്കാരനെണ്ണി നീ പറഞ്ഞ അത്രയും ശരി പറഞ്ഞ അത്രയും ശരി അത്രയും പറഞ്ഞാൽ അങ്ങ് ഇരിക്കരുത് ഇതൊന്നും ശരിയായിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഒരു സെൻറ്റൻസൂടെ പറയണം പക്ഷേ ദൈവത്താൽ എനിക്കത് സാധിക്കും എന്നൊരു സെൻറ്റൻസൂടെ പറഞ്ഞേക്കിരുന്നു അപ്പം കാര്യം പറഞ്ഞ മനസ്സിലായി പ്രത്യാശയുടെ ഒരു സ്വീകാര്യം ഒരു ഏറ്റുപറച്ച് ഒരു ഏറ്റുപറച്ചിൽ നമുക്കുണ്ടാവണം ഉണ്ടാവണം അത് മുറുക പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് വിട്ടുകളയിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടോ നമ്മൾ ഈ എബ്രാഹി ലേഖനം ഇത്രയും ഗൗരവമുള്ള കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഈ നിലയിലൊരു പ്രവോസനമുണ്ട് അത് മുറുക പിടിച്ചുകൊള്ളണം നമ്മൾ പറഞ്ഞു കൊണ്ട് സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞല്ലേ അപ്പോൾ പലപ്പോഴും സാക്ഷ്യങ്ങളും നമുക്ക് പ്രായോഗികമായിട്ടൊരു കാര്യം അതിനോട് ചേർത്ത് പറയാവുന്നത് നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ള അനുഭവങ്ങൾ പറയും പക്ഷേ അതങ്ങ് ഒത്തിരി ഞാൻ അങ്ങോട്ട് പോയി ഉടനെ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഉടനെ അതിനിങ്ങനെ പറഞ്ഞു അപ്പോൾ ഉടനെ മറ്റേത് പറഞ്ഞു ഇതെല്ലാം ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോയാൽ അത് പലപ്പോഴും ഒരു നൂറ് പേര് ഇരിക്കുന്നിടത്ത് അത് അത്രത്തോളം പ്രയോജനമാകുകയും അപ്പോൾ അതിൻ്റെ ആ അനുഭവങ്ങളുടെ വിശദീകരണത്തിലേക്ക് പോകാതെ അനുഭവങ്ങളുടെ വിശദീകരണത്തിലേക്ക് പോകാതെ അതിൻ്റെ അതിൽ നിന്ന് നീ പഠിച്ച ഒരു ആത്മീയ പ്രിൻസിപ്പിളോ അതിലല്ലെങ്കിൽ നിനക്കുള്ള അതിൻ്റെ അകത്തെ ഒരു ഏറ്റുപറച്ചിലോ പറഞ്ഞ് ഈ വിശദാംശങ്ങളിലേക്ക് ഒത്തിരി കാട് കയറി പോകാതെ ഇരിക്കുന്നതും നല്ലതായിരിക്കും ഞാനാ പറഞ്ഞത് ക്ലിയറായോ അതായത് സാക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ടതും കേട്ടതും മറ്റേതും മറിച്ചതും എല്ലാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് റെലവെൻറ്റാണ് അത് പറയേണ്ടതു തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൂറ് പേര് ഇരിക്കുന്ന ഒരു സൗസിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഈ വരുന്ന ഇരിക്കുന്ന എല്ലാവർക്കും അത് പ്രയോജനമാവുകയില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ച അല്ലേ അതിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞാൽ പരിശുദ്ധാത്മവം നമ്മളെ ഓർപ്പെടുത്തിയ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം അത്യാവശ്യ കാര്യം പറഞ്ഞു വെച്ചാൽ അതുകൂടെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഉപദേശപരമായ ഒരു ഭാഗമുണ്ട് നടപ്പുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമുണ്ടെന്ന് പറഞ്ഞു എബ്രാഹി ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഉപദേശപരമായ ഭാഗങ്ങളാണ് എന്നാൽ പത്തൊൻപത് മുതൽ പത്തിൻ്റെ പത്തൊൻപത് മുതൽ പതിമൂന്നിൻ്റെ ഒഴിവ് വരെയുള്ള ഭാഗങ്ങൾ പ്രായോഗികമായ കാര്യങ്ങളാണ് ആ പ്രായോഗികമായ കാര്യങ്ങളാണ് പാത നടപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കണ്ടോ അവിടെ ദുർമനസാക്ഷി നീങ്ങുമാർ അടുത്ത് ചെല്ലാനും പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കാനും കണ്ടോ അന്യോന്യം സൂക്ഷിക്കാനും സഫായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഉത്സാഹം വർദ്ധിപ്പാൻ സൂക്ഷിക്കാനും അത് കൂടുതൽ അധികമായി ചെയ്യാനും ഇതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ട പാതയുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് പന്ത്രണ്ടിൻ്റെ ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം ആകയാൽ തളർന്നകയും കൊഴിഞ്ഞ മുഴങ്കാലും നിവർത്തുമീൻ മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത പാതനിരത്തുകയും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായോഗികമായിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഈ ഇത് എന്തിനാ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഈ തലനാരി പറയുന്നത് പ്രിയപ്പെട്ടവർ ഇതെല്ലാം പറയേണ്ട നമ്മൾ ഓരോ കാര്യത്തോട് അടുത്ത് വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്ന് ചിലപ്പോഴെനിക്ക് തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു വേറെ ആലുവായിലൊരു വലിയ മീറ്റിംഗ് നടക്കുക ഭയങ്കര മീറ്റിങ്ങാ എന്തുവാ എന്തുവാ അവിടെ ഭയങ്കര മീറ്റിങ്ങാണ് ഒരു സെമിനാർ നടക്കുക നിങ്ങൾ അറിഞ്ഞില്ലേ പോകുന്നില്ല എന്താ അതായത് അന്തിക്രിസ്തു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നാണ് വരുന്നത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാർ ഏത് കാര്യം കേട്ടാലും നമ്മൾ പേടിക്കുന്നു ഒന്നാമത് പേടിക്കുന്നു നമ്മളവിടെ ഒന്നിരിക്കണം നാടോടുമ്പോൾ നമ്മൾ നടുവയെ ഓടരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ കേൾക്കും കേൾക്കുന്നുണ്ട് ഇപ്പം തന്നെ ഈ കേട്ടതുണ്ട് കേട്ടതുണ്ട് അന്തി ക്രിസ്തു അന്തി ക്രിസ്തു ആ പുള്ളിക്കാരനെ അധ്യാനും ഈ പുള്ളിക്കാരൻ എവിടെ നിന്ന് വരും മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വരും എന്നൊരു തിയോളജി ആർക്കോ കിട്ടി ആ തിയോളജി രണ്ട് ദിവസത്തെ ഒരു സെമിനാറായിട്ട് അവിടെ നടത്തുക നമ്മളെ വിട്ടുപോയൊരു സൗകര്യമൊക്കെ കൂടെ ചേർന്ന് അത് വലിയ കാര്യമായിട്ട് അവിടെ നടത്തുക ഇപ്പോൾ അന്ത്യക്രിസ്തു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നല്ല എവിടെ നിന്ന് വന്നാൽ നമുക്കെന്നെ നമ്മുടെ പ്രായോഗിക നടപ്പും ഇന്ന് നമ്മൾ എന്താകും ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു നമ്മൾ വേറെ നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തെ കുറിച്ച് എന്തുവാ നമ്മൾ നമ്മുടെ ടീച്ചിങ് എന്താ മൂന്ന് വ്യത്യസ്ത ടീച്ചിങ്ങാണ് ഉള്ളത് മൂന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് എല്ലാവർക്കും ഉള്ളത് ഈ ക്രിസ്തീയ ലോകത്തെ പൊതുവേ ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഈ അന്ത്യക്രിസ്തു വരുന്നതിന് മുമ്പ് അന്ത്യക്രിസ്തു ഇത് നമ്മുടെ വിഷയമല്ല നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകും വേഗത്തിൽ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും ഓരോ കാര്യങ്ങൾ പറയപ്പെടാണല്ലോ അത് പറയാന് നോക്കുന്നത് അപ്പോൾ ഈ ലോകാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പൊതുവേ ലോകാവസാനത്തെക്കുറിച്ച് ആളുകൾക്കൊരു ചിന്തയുണ്ട് കാര്യങ്ങളെല്ലാം അടുത്ത് വലിയ കാര്യങ്ങൾ അടുത്ത് വരികയാണ് ലോകാവസാനം ദിയോജന പ്രകാരം വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് അവസാന മണിക്കൂറിലേക്ക് വരിക വരുമ്പം കർത്താവ് വീണ്ടും വരും കർത്താവ് രണ്ടാമത് വരും രണ്ടാമത് വരുമ്പം സഭയെ ചേർക്കും സഭയെ എപ്പോഴാ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമോ കടന്നു പോവുകയില്ല ചോദിച്ച കാര്യം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മൂന്ന് തരത്തിലുള്ള പഠനങ്ങളാണ് തിയോളജിയൻസിന് ഇടയിൽ മൂന്ന് കാഴ്ചപ്പാടുകളാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് എന്താണ് ഒന്നെന്ന് പറയുന്നത് ഈ അന്തിക്രിസ്തു വന്ന് അന്തിക്രിസ്തുവിൻ്റെ ഭരണം എത്ര നാളാണ് ഏഴു വർഷമോ ഏഴു വർഷം അതിലെ മൂന്നര വർഷം പുള്ളിക്കാരൻ എല്ലാവർക്കും എല്ലാവർക്കും വളരെ സുസമ്മതനായിട്ട് ഒരു ലോക നേതാവായിട്ട് അപ്പോൾ ഓരോരുത്തരത്തിലും ഉയർന്നു ക്രിസ്ത്യൻ തിയോളജിസ് ആലോചിച്ച് ഈ ട്രംപോ മറ്റോ ആണോ ഇനി അന്ത്യക്രിസ്തുവായിട്ട് വരാൻ പോകുന്നു ഏ അല്ലെങ്കിൽ ഇന്ന ആളാണോ ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ ഓരോ സമയത്തും ആലോചിക്കാറും എന്തുവാട്ടെ നമ്മുടെ വിഷയം അതല്ല ഏതായാലും അന്ത്യക്രിസ്തു വരും അവൻ എന്ത് വരും ഒരു ലോക ഗവൺമെൻറ് ലോക ഗവൺമെൻറ് എല്ലാവർക്കും അംഗീകാരമുള്ള ഒരാളായിട്ട് വരും ആ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്നര വർഷം താരതമ്യേനെ എല്ലാവർക്കും സമ്മതനായിട്ടാണ് കാര്യങ്ങൾ വരിക എന്നാൽ മൂന്നര വർഷം കഴിയുമ്പം അദ്ദേഹം എന്തു ചെയ്യും ഇവൻ അവന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ യഹൂദൻ്റെ ദേവാലയം യഹൂദൻ്റെ ദേവാലയം എരുസലേമിലാണല്ലോ യെറുസലേം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ വരിക അമേരിക്ക എന്തു ചെയ്തു തല്ലവയിൽ നിന്ന് യെറുസലേമിലേക്ക് അവരുടെ എംബസി മാറ്റി ഗ്വാട്ടിമല എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം അവർ മാറ്റി മൂന്നാമതൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യവും കൂടെ അവരുടെ എംബസി എരുസലേമിലേക്ക് മാറ്റി എന്താ എറുസലേമിനൊക്കെ ഇത്ര പ്രാധാന്യം പ്രിയപ്പെട്ടവർ പ്രവചനങ്ങൾ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ജെറുസലേം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പൂർണ്ണമായിട്ട് ആർക്ക് കിട്ടണം യഹൂദന് കിട്ടണം യഹൂദൻ എന്തുകൊണ്ട് കിട്ടണം അവൻ്റെ ഏഴ് എഴുപതിൽ നശിപ്പിക്കപ്പെട്ട അവൻ്റെ പള്ളിയുണ്ട് ആ പള്ളി എന്ത് ചെയ്യണം ആ പള്ളി അവിടെ പണിയണം ആ പള്ളി അവിടെ പണിത് ആ പണിത പള്ളിയിൽ ഈ അന്തിക്രിസ്തു കയറി എന്തോ ചെയ്യണം അന്തിക്രിസ്തു കയറി അവനെ ആരാധിക്കാനുള്ള അവൻ്റെ ബിംബം വെക്കാനും ഒക്കെ തുടങ്ങുമ്പോഴാണ് ഇസ്രായേലും അന്തിക്രിസ്തു തമ്മിൽ പ്രശ്നമാകുന്നത് ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് അവിടെ ഇപ്പോൾ എന്താ ഉള്ളത് ആ പള്ളി നിന്നെടുത്ത് അലക്സ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ഒരു പള്ളിയാണ് നിൽക്കുന്നത് അപ്പോൾ ആ പള്ളി അവിടെ തന്നെ വേണം എന്ത് വേണം യഹൂദൻ്റെ പള്ളി വരെ അപ്പോൾ അവ യഹൂദൻ്റെ പള്ളി വരണമെങ്കിൽ എന്ത് വേണം ഈ മുസ്ലിമിൻ്റെ പള്ളി പൊളിച്ചാലേ പറ്റുള്ളൂ അല്ലെക്സ പൊളിച്ചാലേ പറ്റുള്ളൂ അൽ ഈ റംസാൻ കാലമായിട്ട് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ജെറുസലേമിൽ ജെറുസലേമിലെ ഈ അല്ലെക്സ മുസ്ലിം പള്ളിയിൽ അവിടെ ആളുകൾ നിൽക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോകൾ പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ പള്ളി ഇപ്പോഴവിടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഈ അന്ത്യക്രിസ്തു വന്ന ഏഴു വർഷത്തെ ഭരണത്തിൽ മൂന്നര വർഷം കഴിയുമ്പോൾ അവനവൻ്റെ പ്രതിമ ഈ യഹൂദപ്പള്ളിയിൽ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എന്ത് വന്നിരിക്കണം യഹൂദപ്പള്ളി വന്നിരിക്കണം യഹൂദപ്പള്ളി അവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിനുമുമ്പേ എന്ത് നടത്തിയിരിക്കണം ഈ പള്ളി മറ്റേ മുസ്ലിം പള്ളി പൊളിച്ചിരിക്കണം ഇതേ മറ്റൊരാളുടെ ആരാധനാലയം പൊളിച്ച് ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയിലാണ് അയോധ്യയിൽ സംഭവിച്ച കാര്യം എന്നാൽ അവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും രാമക്ഷേത്രം പണിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതെല്ലാ കാര്യങ്ങളും ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കും ആ അന്ത്യക്രിസ്തു വന്നു അന്ത്യക്രിസ്തു വന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്യണം അവിടെ ഈ ഇത് ഇത് തൻ്റെ ബിംബം ഇത് മൂന്നര വർഷം കഴിയുമ്പോൾ ആദ്യത്തെ മൂന്നര വർഷം ഇസ്രായേലുമായിട്ട് പ്രശ്നമൊന്നുമില്ല താരതമ്യേന ഭേദപ്പെട്ട ഭരണം പക്ഷെ അത് കഴിഞ്ഞാണ് അവന് ഈ പീഡനം കൂടുതൽ ശക്തമാക്കുന്നത് ശക്തമാക്കുന്നത് അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാവുള്ളൂ ഒന്നെന്ന് പറയുന്നത് എന്താ ഈ ആ മഹോപദ്രവത്തിനു മുമ്പ് തന്നെ അന്ത്യക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ വെളിപ്പാടിന് മുമ്പ് തന്നെ ഏഴുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സഭയെടുത്തുകൊള്ളും സഭ മേഘങ്ങളിലായിരിക്കും ഇതാണ് അതെല്ലാം അവസാനം ഈ ഏഴു വർഷം തീർന്നതിന് ശേഷമാണ് കർത്താവും സഭയുമായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നത് ഇതാണ് ഒരു കാഴ്ച ഇന്നത്തെ ഭൂരിപക്ഷം ആളുകളും അതാണ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള പെന്തകോ സഹോദരന്മാരും ബ്രദറിൻ സഹോദരന്മാരും താരതമ്യേന ആ ഒരു ചിന്തയുള്ളവരാണ് എന്നാൽ നമ്മൾ ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഏതാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടു വരെ ഇങ്ങനെ അല്ലായിരുന്നു ക്രിസ്തീയത ചിന്തിച്ചിരുന്നു മഹോപദ്രവത്തിലൂടെ തന്നെ കടന്നു പോകുമെന്നായിരുന്നു എന്ന് തന്നെയല്ല ഈ ഒരു ചിന്ത സഭ മഹോപദ്രവത്തിലൂടെ കടക്കുകയില്ലെന്നുള്ള ഒരു ചിന്ത രൂപപ്പെട്ടു വന്നത് എവിടെ നിന്നാണ് ഒരു പീഡനവും ഇല്ലാത്ത അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് പോട്ടെ ഏതായാലും ഇന്ന് ഇന്ന് പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നു രണ്ട് വേറെ ചിലരെ ചെയ്യുന്നു ഈ മഹോപദ്രവത്തിൻ്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടും മധ്യത്തിൽ എടുക്കപ്പെടും മൂന്നര വർഷം കഴിഞ്ഞ് പിന്നെയും പീഡന കർശനമാകുമ്പോഴത്തേക്ക് സഭയെ ചേർത്തുകൊള്ളും നമ്മുടെ ചുറ്റുപാടുമുള്ള ചില ബാപ്റ്റിസ്റ്റ് ചില വാച്ച്മാൻ വിറ്റ്നസ്ലി ചർച്ചുകൾ ഈ മഹോദ്രവത്തിൻ്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പം എന്നോട് സൗകര്യം ചോദിച്ച ബ്രഹറെ നമ്മളെവിടാ നിൽക്കുന്നു നമ്മളെവിടാ നിൽക്കുന്നു സത്യം നമ്മളെവിടാ നിൽക്കുന്നത് നമ്മളീ മഹോപദ്രവിലെ കഴിഞ്ഞിട്ട് എടുക്കപ്പെടും എന്ന താരതമ്യേനെ ചിന്തിക്കുന്ന അങ്ങനെയല്ല ഞാൻ ഏതായാലും പറഞ്ഞു വന്ന സ്ഥിതിക്ക് അതുകൂടെ പറയാം ഈ മഹോപദ്രവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയുടെ മേൽ ചൊരിയുന്ന ഒരു രംഗമുണ്ട് ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയുടെ മേൽ ചൊരിയും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ക്രോധം ആരുടെ മേലില്ല അവൻ്റെ സഭയായ നമ്മുടെ മേലില്ല നമ്മുടെ മേലില്ല അതിനു മുമ്പ് നമ്മളെ ദൈവം ഏതായാലും ചേർക്കും അത് പക്ഷേ ഈ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയുടെ മേൽ ചൊരിയുന്നത് ഒരു പക്ഷേ അധിക ദിവസങ്ങൾ വേണ്ടി വരികയില്ല ഒരാഴ്ചയോ രണ്ടോ മൂന്നോ ദിവസമോ മതിയായിരിക്കും അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഏകദേശം മഹോപദ്രവത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് സഭയെ ചേർക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഇതെന്തുകൊണ്ടാണ് പണ്ട് മുതലേ ആദ്യ നൂറ്റാണ്ടു മുതൽ തന്നെ ഏകദേശം പത്തൊൻപതാം നൂറ്റാണ്ട് വരെ സഭ ഈ നിലയിലാണ് ചിന്തിച്ചു വന്നിരുന്നത് പിന്നീട് വളരെ സുഖമായി ജീവിക്കുന്ന ചില രാജ്യങ്ങളിൽ നിന്നാണ് കഷ്ടതയിലൂടെ കഷ്ടത സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇഷ്ടമല്ല കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനുഷ്യൻ്റെ സ്വാഭാവികമായ താല്പര്യത്തെ തുടർന്നാണ് ഇങ്ങനെ മഹോദരത്തിന് മുമ്പ് എടുക്കപ്പെടുമെന്നോ ഒക്കെയുള്ള ടീച്ചിങ് വന്നത് എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ കർത്താവ് വന്നിട്ട് മഹോദരത്തിന് മുമ്പ് നമ്മളെ എടുത്തതിരിക്കും സഭയെ ചേർത്തതിരിക്കും ഉടനെ നമ്മൾ സി എസ് സി കാര് കർത്താവ് കർത്താവ് അതും പറ്റുകയാണ് ഞങ്ങൾ മഹോദരവത്തിലൂടെ കടിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല നമുക്കീ നമ്മൾ ഉപദേശങ്ങളെയല്ല പിടിച്ചേക്കുന്നത് അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ഉപദേശങ്ങളെയല്ല നമ്മൾ പിടിച്ചേക്കുന്നത് ഇപ്പം മഹോപദ്രവത്തിലൂടെ സഭ കടക്കും എന്ന് നമ്മൾ പറയുന്ന ഈ കാര്യം അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ആദ്യം കൈ ഉയർത്തി ഹല്ല പറയുന്നത് നമ്മളായിരിക്കും കാര്യം പീഡനത്തിലൂടെ കടക്കണ്ടല്ലോ പിന്നെന്തിനാണ് നമ്മളിങ്ങനെ പീഡനത്തിലൂടെ കിടക്കുന്ന കാര്യം കൂടെ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കും നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനോട് പറഞ്ഞത് എടാ എന്താ നീ ഇരുന്ന് പഠിക്ക് നിനക്ക് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടാതെ നീ മൂന്നാം ക്ലാസ്സിൽ നിന്ന് നാലാം ക്ലാസ്സിലോട്ട് പോകുന്ന പ്രശ്നമില്ല നീ ഇരുന്ന് പഠിക്ക് ചുമ്മാ കളിച്ച് പന്തും കളിച്ച് അതും കണ്ട് ഇതും കണ്ടും നടക്കാതെ എനിക്ക് എന്ന് പറഞ്ഞത് എന്തിനാണ് എന്തിനാണ് ചെയ്യുന്നത് അവനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അവന് മുമ്പിൽ വരാവുന്ന വെല്ലുവിളികളെ അവൻ അതിജീവിക്കണം അതിനെ ഓവർകം ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവനോട് പറയുന്നത് മുപ്പത്തഞ്ച് മാർക്ക് ഇല്ലെങ്കിൽ ഒറ്റ ഒരുത്തനെ എന്ത് ചെയ്യുകയില്ല നാലാം ക്ലാസ്സിൻ്റെ പടിവാതിൽ കാണാൻ ഈ സർക്കാർ സമ്മതിക്കുകയില്ല എന്നൊക്കെ നമ്മൾ പറയും അതേപോലും സർക്കാർ എന്തോ ചെയ്യും പത്താം ക്ലാസ് വരെ ചിലപ്പോൾ എന്തോ കൊടുത്തു കളയും ഓൾ പ്രമോഷൻ നമ്മളിവനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേച്ച് അവസാന പരീക്ഷയുടെ സമയമാകുമ്പോൾ സർക്കാർ ചിലപ്പം പ്രഖ്യാപിക്കും എന്തോ പ്രഖ്യാപിക്കും ഓ ഓൾ പ്രമോഷനാണ് മൂന്നാം ക്ലാസ്സിൽ ഒന്നും മുപ്പത്തഞ്ച് മാർക്ക് വേണ്ട പൂജ്യം കിട്ടിയവനെ നാലാം ക്ലാസ്സിൽ വിടുക എന്ന് പറഞ്ഞാൽ ഈ ഇവനിരുന്ന് പഠിച്ചുകൊണ്ട് ഇവന് വല്ലാതെ നഷ്ടവും സംഭവിച്ചു ഇല്ല അവന് കണക്കും ഭൂമിശാസ്ത്രവും അത്രയും കൂടെ ഉറച്ചൊന്നല്ലാതെ അവന് വേറൊരു കുഴപ്പം സംഭവിച്ചില്ല അതേസമയം നമ്മൾ നമുക്കറിയാം ചിലപ്പോൾ ഓൾ പ്രമോഷൻ വരുമെന്നറിയാവുന്നൊണ്ട് ഈ കളിച്ച് നടക്കുന്ന മൂന്നാം ക്ലാസ്സുകാരനോട് പറയും ആ മോനെ കുറച്ചുകൂടെ കളിച്ചോടാ ഓൾ പ്രമോഷനാണ് നിനക്ക് ഓൾ പ്രമോഷനാണ് ഇതിലൂടെ പരീക്ഷ എന്നൊരു കഷ്ടത്തിലൂടെ നിന്നെ കടത്തുകയില്ല മഹോപദ്രവത്തിലൂടെ പരീക്ഷ എന്ന മഹോപദ്രവത്തിലൂടെ നിനക്ക് കടക്കേണ്ടി വരികയില്ല നീ എന്തോ ചെയ്തോ നീ കളിച്ചു സുഖമായിട്ടും ജീവിച്ചോ എന്ന് പറഞ്ഞാൽ അവനൊരു അലവൻസ് കൊടുത്താൽ ആ അഥവാ ഇവൻ ഓൾ പ്രമോഷൻ ഇല്ല പരീക്ഷ മുപ്പത്തഞ്ച് മാർക്ക് വേണമെന്ന് സർക്കാർ വെച്ചാൽ ഇവൻ്റെ കാര്യം എന്തായി ഇവൻ്റെ കാര്യം അധോ അപ്പോൾ നമ്മൾ കുഞ്ഞിനെ സ്നേഹിച്ചാൽ നമ്മൾ എന്തുവാ പറയേണ്ടത് ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയല്ലേ പറയേണ്ടത് അപ്പം തന്നെ ഇവൻ ഓൾഡ് പ്രമോഷൻ അവസാനം സർക്കാർ പ്രഖ്യാപിച്ചാൽ നമുക്ക് വിഷമമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നതേ പറഞ്ഞു വന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ തിയോളജിയിൽ തിയോളജിയിൽ അങ്ങ് അഭിരമിച്ച് അതിലങ്ങ് സന്തോഷിച്ച് പ്രായോഗിക ജീവിതത്തിന് ഊന്നൽ പോകുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞ ആലുവയിൽ നടന്ന സെമിനാർ സെമിനാറിലെ വിഷയം എന്തുവാ രണ്ട് ദിവസത്തെ വലിയ സെമിനാറാണ് എല്ലാം ഒത്തിരി ആളുകളെല്ലാം കൂടെ വന്ന് പേപ്പർ അവതരിപ്പിക്കുന്നു കൂലംഘമായിട്ട് ചർച്ച ചെയ്യുന്നു എന്ത് വയനാട് വരാൻ പോകുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ ആർക്കാണ്ടോ ഒരു തിയോളജി അപ്പോൾ ഞാനത് ആ ചങ്ങാതിയോട് ചോദിച്ചു ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ആകെ പാടെ ഒറ്റ ഒറ്റ പോയിൻ്റ് അദ്ദേഹത്തിനുള്ളു അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഐ ഒക്കെ എന്തു ചെയ്യുന്നു ആളുകളുടെ തലവെട്ടിയാ കൊല്ലുന്നു വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നു ഏ കർത്താവിന് വേണ്ടി ശിരച്ഛേദം ചെയ്യുക തലവെട്ടുക അപ്പൊ തലവെട്ടുന്ന പരിപാടി ആർക്കെ ഉള്ളൂ ഐ എസ് ഐ എസിനെ ഉള്ളു മുസ്ലിം ഉള്ളൂ അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നാണ് ക്രിസ്തു വരാൻ എന്തായി ഇത് ഞാൻ പറഞ്ഞു പോകുന്നത് പാത പാത നിരപ്പാക്കുന്നതിനോട് ചേർത്ത നമ്മുടെ പ്രായോഗിക നടപ്പിനാ നമ്മൾ എപ്പോഴും ഊന്നൽ കൊടുക്കണ്ട അതുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിന് ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ആളുകൾ നമ്മൾ ഈ തിയോളജി ഇപ്പം തന്നെ ഇത്രയും നാൾ നിങ്ങളിവിടെയിരുന്നു സഭ മഹോദരത്തിലൂടെ കടക്കുമോ ഇല്ലയോ ഈ വിഷയങ്ങളെക്കുറിച്ച് ഇന്നേ വരെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഇല്ല ഇട അത് അങ്ങനെ ആണെങ്കിലും ഇങ്ങനെ ആണെങ്കിലും ഇതിൻ്റെ തിയോളജിയുടെ തലനാരിയെ കയറി തിയോളജി നമ്മളെ രക്ഷിക്കുകയാണ് നമുക്ക് പ്രായോഗികമായിട്ടെന്താണ് വേണ്ടത് പ്രായോഗികമായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യമാണോ വേണ്ടത് ഇത് പറയുമ്പോൾ തിയോളജി വേണ്ടെന്നാണോ ഇപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു രക്ഷിക്കപ്പെടുന്ന കാര്യം രക്ഷകരുടെ കാര്യം സാൽവേഷൻ്റെ കാര്യം ബോണഗൈറ്റ് ഇതിനൊത്തിരി തിയോളജിയുണ്ട് സ്നാനം അത് സംബന്ധിച്ച് ഒത്തിരി തിയോളജിയുണ്ട് പലശുതാത്മ സ്നാനം അതിനെക്കുറിച്ച് ഒത്തിരി തിയോളജി ഉണ്ട് പക്ഷേ ഈ തിയോളജിയുടെ തലനാരിക കീറി ഇരിക്കെ നമ്മൾ എന്ത് എന്ത് സംഭവിക്കാം നമുക്ക് നമുക്ക് ഈ തിയോളജി എല്ലാം നമ്മൾ എന്തിലേക്കാണ് നടത്തേണ്ടത് ദൈവത്തോടടുത്ത ഒരു ബന്ധത്തിലേക്കാണ് നമ്മൾ നടത്തേണ്ടത് നമ്മളെ കൂടുതൽ ശിശുക്കളാക്കി മാറ്റുക ചെയ്യേണ്ടത് അതിനു ഈ തിയോളജി നമ്മളെ കൂടുതൽ തലവീർപ്പിച്ച് എനിക്കിപ്പോൾ അറിയാം അതറിയാം ഇതറിയാമെന്നൊക്കെ ഒത്തിരി ഇതിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ഒരു ശിശുത്വം ദൈവത്തോടുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ഒരു ലളിതമായ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുകയും ചെയ്താൽ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ പറയുന്നത് പാത നിരപ്പാക്കുക പറഞ്ഞ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുമല്ലോ അത് നോക്കി അവിടെ അവിടെ കണ്ടോ ഉളുക്കി പോകാതെ നമ്മൾ എന്തു ചെയ്യണം അത് റിയലായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരണം അല്ലാതെ മറ്റ് പലരുടെ പിന്നാലെ പോയി നമ്മൾ നമ്മൾ നമ്മുടെ സമയത്തെ പാഴാക്കരുത് പാത പാതനിരത്തു വീൻ കണ്ടോ പ്രായോഗികമായ നടപ്പിന് ഊന്നൽ കൊടുപ്പി പ്രായോഗികമായ നടപ്പിന് ഊന്നൽ കൊടുപ്പി പാതനിരത്ത് എന്നാണ് അവിടെ ആ കാര്യത്തോട് ചേർത്ത് നമുക്കങ്ങനെ അതിനെ കാണാം ഒന്ന് തീമത്തി ദിവസ് ഒന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ഒന്ന് തീമത്തി ദിവസ് ഒന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാനിച്ഛിക്കുന്നു എന്താ മുകളിൽ എന്തോ പറയുന്നത് ഏത് വിട്ടുമാറിയെന്ന് ശുദ്ധ ഹൃദയം നല്ല മനസ്സാക്ഷി നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം കണ്ടോ ശിശുവിൻ്റെ ആ കാര്യങ്ങളാണ് നമ്മൾ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന രക്ഷയിലൂടെയും സ്നാനത്തിലൂടെയും പൈതൃകാനുഷ്ഠാനത്തിലൂടെയും സഭാജീവിതത്തിലൂടെയും മുറുക്കത്തിലൂടെയും എല്ലാം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളു എന്തൊക്കെയാണ് അത് ചിത്തകരുതൽ ചിത്തകരുതൽ നല്ല മനസ്സാക്കി നല്ല മനസ്സാക്കി നിർവ്യാജ വിശ്വാസം സ്നേഹം ഇതൊക്കെയാണ് അപ്പോൾ ഊന്നൽ കൊടുക്കേണ്ട ജീവിതവുമായി ബന്ധപ്പെട്ട ഈ കാര്യം ചിലരെന്തോ പറ്റി അതിൻ്റെ തൊട്ട് താഴെ ഇപ്പം നമ്മൾ വായിച്ചതെന്താ ചിലരിവ വിട്ടുമാറി ഇത് ചിലർക്ക് എന്തോ പറ്റുക റാൻ കാരണം ഇത് താരതമ്യേനെ ഇച്ചിരി പ്രയാസമുള്ളതാണ് ശുദ്ധം മനസ്സാട്ടി ശുദ്ധമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ വലിയവരോടും വഴക്കുണ്ടാക്കിയാൽ പോയി എന്തോ ചെയ്യണം ക്ഷമ ചോദിക്കണം ക്ഷമ ചോദിക്കണമെങ്കിൽ നമ്മുടെ ഒരു വലിയ പാവറൊന്നും താഴ്ത്തി വയ്ക്കണം അല്ലാതെ ശുദ്ധ നല്ല മനസ്സാറ്റിയും കിട്ടുകയില്ല അപ്പം ഇതിനൊരു വില കൊടുക്കണം അതിനേക്കാ ഭേദം എന്താ അതിനേക്കാ ഭേദം അന്ത്യക്രിസ്തു മുസ്ലിമിൽ നിന്നാണോ വരുന്നത് അതോ മറ്റടുത്തു നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള തലനാരു ചിലർ ഇത് വിട്ടുമാറി വൃതാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കർമ്മോപദേഷ്ട ചില വലിയ രസമാണ് ഞാൻ പലതരത്തിലുള്ള പുതിയ പുതിയ ചില സഭകളുമായിട്ടൊക്കെ ചില ബന്ധപ്പെടേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവർ എന്തായിരുന്നു എനിക്ക് ചിലപ്പോൾ കരച്ചിലും വരും വരാറില്ല ഇത് എന്ത് വന്നു ഇവർക്ക് പിടികിട്ടിയിട്ടില്ല ഇവർ വിചാരിക്കുന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞും ഏതാണ്ട് പരിപാടിയൊക്കെ നടത്തി ഇതിവിടെ നമ്മളവിടെ ആ ഭാഗം ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇവ വിട്ടുമാറി ഇംഗ്ലീഷിൽ വായിക്കുന്ന മിസ് എയിതൻ എന്നുവെച്ചാൽ ലക്ഷ്യം തെറ്റിയെന്ന് എയിം തെറ്റി നമ്മളിവിടെ ഇവിടെ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നവർക്കറിയാം നമ്മളെ എന്തു ചെയ്യും ഒരു ഒരു മാർക്ക് കാണിച്ചാൽ ദൂരെ കിടന്നുകൊണ്ട് അതിനെ വെടിവെച്ച് കൊള്ളിക്കാൻ പറയും നമ്മൾ വെടിവെച്ച് കൊള്ളിക്കാനായിട്ട് ഉള്ളതിന് ആ ആ തര ഇതിൻ്റെ ചിലരെന്ത് ചെയ്യും അതിൻ്റെ അടുത്തെങ്ങും എത്ര വെടിവെച്ചാലും ഒഴിഞ്ഞു എങ്ങാണ്ടൊക്കെയാ എങ്ങനെ പട്ടാളക്കാരും ഒക്കെ ഈ എയിം മിസ്സായി പോയാൽ എന്താ പറ്റി മിസ്ഫിറ്റ് ആയിപ്പോയി നീ മിസ്ഫിറ്റായി പോയി എന്തുവാ നമ്മുടെ എയിം ശുദ്ധ നല്ല മനസ്സാക്ഷി വിശ്വാസം സ്നേഹം മൂന്നാല് കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ നമ്മളതിന് പകരം പരിശുദ്ധാത്മശനത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാ ഭാഷണമാണോ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളിരുന്ന് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് ഒരാൾ അന്യഭാഷയാണെന്ന് പറയുന്നു മറ്റേ ആൾ അങ്ങനെ അല്ലെന്ന് പറയുന്നു ഇവർ തമ്മിൽ ഈ കീരി പാമ്പ് പോലെ അയാൾ ശുദ്ധകൃതയോടെ പോയി നല്ല മനസ്സാറ്റിയോടെ പോയി സ്നേഹമോടെ പോയി തിയോളജി അതിൽ തന്നെ നമ്മളെ ഇത് ഒന്നാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞേക്കുന്നത് മിസ് എയിണ്ട് എയിം മിസ്സായിപ്പോയി പ്രിയപ്പെട്ടവർ നമുക്ക് വേറെയും ചില വാക്യങ്ങളിൽ ഈ കാര്യം സംബന്ധിച്ച് എന്തു കൊടുത്തിട്ടുണ്ട് ആ നിലയിലുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് തീമത്തി വരുമ്പോൾ രണ്ട് തീമത്തി ഒന്ന് തീമത്തി നിന്നാണ് നമ്മൾ വായിച്ചത് രണ്ട് തീമത്തി ദിവസ് അതിൻ്റെ നാലാമധ്യായ നാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ നാലിൻ്റെ നാല് പറയുന്നത് ഞാൻ വായിക്കുന്നതും ഞാൻ തന്നെ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികേം ചെയ്യുന്ന കാലം വരും ചില ആളുകളുടെ കാര്യമാണ് കാര്യം കണ്ടോ കാര്യം അവർ കർണരസമാകുമാറും അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറും സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും ഉണ്ടോ അവിടെ വേ അവിടെ ഒരു പ്രയോഗം കണ്ടോ പഥ്യോപദേശം നമ്മുടെ ഈ ഉപദേശമൊക്കെ എന്താണ് ഒരു പഥ്യമുള്ളതായിരിക്കും പഥ്യമെന്നുള്ള വാക്കെവിടെ ഇത് മലയാളത്തിൽ കയറാൻ കേട്ടിട്ടുണ്ടോ ഉണ്ട് പിള്ളേരെ കഷായം കുടിപ്പിക്കുന്ന കാലം ഏ അതിൻ്റെ കാര്യം വരുമ്പോൾ പത്യം എവിടെ പഥ്യം നോക്കിയൊന്നും ചോദിക്കും മീൻ വറക്കിയൊന്നും കൂട്ടരുത് മുട്ടയൊന്നും കൂട്ടരുത് പഥ്യം പഥ്യം പ്രിയപ്പെട്ടവർ നമ്മളെന്താ നമ്മൾ ഒരു തരത്തിലൊരു കഷായം കുടിച്ച ആളുകളാണ് ഇതിനെന്തൊണ്ട് ഇതിനൊരു പഥ്യമുണ്ട് പഥ്യമില്ലാത്തവണ്ണം ഒരു പഥ്യവുമില്ലാത്തവണ്ണം നമ്മുടെ സ്വാഭാവിക താല്പര്യം എന്താ പഥ്യം ഒന്നും നോക്കാതെ മീനി കുറച്ച് ഒതെല്ലാം കഴിച്ച് സുഖമായിട്ട് മറ്റു പിള്ളേരെ പോലെ നടക്കാനാ നമുക്കും താല്പര്യം പക്ഷേ ഇവിടെ ഇവിടെ പൗരൂസ് പറയുന്നു നീ എന്തോ വേണം നിനക്ക് ഞാൻ തന്നേക്കുന്ന ഉപദേശത്തിന് എന്തുകൊണ്ട് ഒരു പഥ്യോപദേശവും പഥ്യോപദേശവും ഇതിനെന്തുണ്ട് ചില ചിട്ടങ്ങളുണ്ട് ആ പഥ്യം നോക്കുന്നത് എളുപ്പമാണോ സ്വാഭാവികമായിട്ടിട്ട് നമുക്കിഷ്ടമാണോ അല്ല അല്ല അല്ല നമ്മുടെ സ്വാഭാവിക ഇടത്തിന് പഥ്യം നോക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ചില ആളുകൾ എന്തോ ചെയ്തു ആ പത്യമൊക്കെ എവിടെ കിടക്കെട്ടെന്ന് പറഞ്ഞ് അവരെന്തോ ചെയ്തു അവർ കർണരസമാകുന്നു കേൾക്കുമ്പോൾ നല്ല രസമുള്ള ചില കാര്യങ്ങൾ കർണരസമാകുന്നത് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കി സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ ഇതെല്ലാം കെട്ടുകഥയെന്ന് പറയുമ്പോൾ വേറെ ഏതാണ്ട് കഥയെന്ന് വിചാരിക്കല്ലോ ഈ ഉപദേശങ്ങളെ തന്നെ ഫലത്തിൽ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഏഹ് ദന്തഗോപുരത്തിൽ ഇരിക്കുന്ന ചില കാര്യങ്ങളാക്കി തീർക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ള ആളുകളെ എന്തോ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നീ എന്തോ ചെയ്യും നീ വചനം പ്രസംഗിക്കുക നാലിൻ്റെ രണ്ട് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്നിട്ട് എന്തോ ചെയ്യുക ഇങ്ങനെയുള്ള ആളുകളെ ശാസിക്കുക തർജനം ചെയ്യുക പ്രബോധിപ്പിക്കുക ഇവരെ ചിലർ ശാസിക്കുക എന്ന് നമ്മൾ എന്തിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു വ്യക്തത ഉണ്ടാകണം ഉണ്ടായാലേ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകും പോകും ദൈവത്തോടുള്ള ഒരു നിഷ്കളങ്കമായ ഒരു ജീവിതം ഒരു ബന്ധം അതൊരു ലളിതമായ കാര്യമാണ് അതിനെ അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കും ഈ കോംപ്ലിക്കേറ്റഡ് ആക്കി അതിൻ്റെ പുറകെ അതിൽ പി എച്ച് ഡി എടുക്കാൻ നമ്മളാരും പോകേണ്ട നമ്മളെന്തോ ചെയ്താൽ മതി നമ്മൾ ലളിതമായിട്ടിരുന്നാൽ മതി ഇതാണ് അങ്ങനെ പോയാലേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഉള്ളു പാത പ്രായോഗിക നടപ്പ് ശരിയാകുള്ളൂ പാത നിരപ്പാക്കുന്ന ആ കാര്യം അവിടെ വെച്ച് നടക്കുകയുള്ളൂ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം ഒന്ന് തീമത്തി ദിവസ് അഞ്ചിൻ്റെ വാക്യം ഒന്ന് തീമത്തി ദിവസ് അഞ്ചിൻ്റെ ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ കപ്പം പൗലോസ് എന്തെല്ലാം പ്രശ്നങ്ങൾ സഫകർക്ക് എഴുതുമ്പോൾ ഏ ചിലന്ത് പറയുന്നു ചിലരെ ഇങ്ങനെയൊക്കെയുള്ള ഉപദേശത്തിൻ്റെ പിന്നാലെ പോയി പലതും ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും കെട്ടുകഥ കേൾക്കാനായിട്ട് തിരികെ കർണരസമാകുമാറി പോവുകയും ഒക്കെ ചെയ്തിട്ട് ഈ എയിം ഈ ലക്ഷ്യം തെറ്റി പോകാനായിട്ട് പ്രായോഗിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് പലതിൻ്റെ പുറകെ പോയാൽ അവസാനം അവർക്ക് സംഭവിക്കുന്നത് എന്താ അവർ ഈ നിലയിൽ മാറിപ്പോകാം അവസാനം ലക്ഷ്യം തെറ്റിപ്പോകാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാത നിരപ്പാക്കുന്നതുമായി നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കാം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളു നമ്മൾ പലപ്പോഴും താരതമ്യേന നമ്മുടെ ഉപദേശങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട് ചിലര് അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കുന്ന പ്രകാരം അതിൻ്റെ ഉപദേശം എന്താ എന്താ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നു ആ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തേച്ച് തന്നെ നമ്മൾ പറയും നമുക്കെന്തില്ല ഇതിൻ്റെ അകത്ത് ഒരു മുറുക്കിപ്പിടുത്തമില്ല മഹോപദ്രവത്തിൻ്റെ ഒടുവിൽ ആ സമയം എടുക്കപ്പെടുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അഥവാ ആദ്യം തന്നെ എടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നുകൂടെ നമ്മൾ പറയുന്നത് എന്തിനാണ് ഒരു നമ്മൾ വളരെ ഡൗൺ ടു പ്രാക്റ്റിക്കലും കാര്യങ്ങളോട് വളരെ റിയലിസ്റ്റിക്കുമായിട്ടുള്ളൊരു സമീപനമാണ് നമ്മുടേത് അതുകൊണ്ട് നമ്മൾ പക്ഷേ നമുക്കെന്തുണ്ട് ഈ പാത നിരപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രായോഗിക നടപ്പുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഊന്നലുണ്ട് കാരണം അതേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ അവസാനം നല്ല ഉപദേശം വിശ്വസിച്ച പലരും ഇവിടെ കാണും നരകത്തിൽ പോകും ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സെൻ്റൻസ് പറഞ്ഞു അവസാനിപ്പിക്കും അതായത് ഉപദേശപരമായിട്ട് നൂറ് ശതമാനം കൃത്യതയുള്ള പല ആളുകളെയും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എവിടെ കാണും നരകത്തിലായിരിക്കും കാണും എന്നാൽ ഉപദേശപരമായിട്ട് അത്ര കൃത്യതയില്ലാത്ത ചില ആളുകളെ നമ്മളെവിടെ കാണും സ്വർഗത്തിൽ കാണും ഞാൻ പറയാം എന്നു വെച്ചാൽ ഇപ്പോൾ കർത്താവുമായിട്ട് ഇപ്പോൾ ഇവ കത്തോലിക്കാ പള്ളിയിൽ പോയി കോട്ടയം ചെന്നു രക്ഷയെക്കുറിച്ചൊക്കെ കേട്ടു അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു ഈ പുള്ളി മരിച്ചുപോയി കത്തോലിക്ക സമയത്ത് തന്നെയാണ് നിന്നത് പക്ഷേ പുള്ളി എവിടെ കാണും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആളെവിടെ കാണും കാണും ഞാൻ ഇന്നലെ എത്തോ പറഞ്ഞു വന്നപ്പോൾ കത്തോലിക്കനും പരദിവസം നമ്മൾ എന്താ വന്നോന്ന് ഇന്നലെ ഒരു സൗനോട് ചോദിക്കടയാണ് പക്ഷേ ക കത്തോലിക്കനാകട്ടെ വേറൊരാളാകട്ടെ ഞാൻ പറഞ്ഞത് അയാളുടെ തിയോളജി എന്താണ് കത്തോലിക്ക ആളുകളുടെ തിയോളജി ശരിയല്ല നൂറ് ശതമാനം തെറ്റാണ് നൂറ് ശതമാനം ഒത്തിരി തെറ്റാണ് അമ്മറിയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുർബാന വിശുദ്ധന്മാരെ വണങ്ങുന്നത് ബസ്ബുർഖാന എന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ തെറ്റാണ് ഇവിടെ കത്തോലിക്കൻ ക്രിസ്ത്യാനിയായ കഥ എന്നൊരു പുസ്തകമുണ്ട് ദയവീതെല്ലാവരും അഞ്ച് രൂപ കൊടുത്താൽ അത് കൊച്ചു പുസ്തകമാണ് അത് വാങ്ങിച്ചുകൊണ്ട് പോകണം കത്തോലിക്കരായ ആരെങ്കിലും സൗകര്യങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ അവരുടെ തെറ്റായ ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് കത്തോലിക്ക് ഇപ്പം കത്തോലിക്കെ ക്രിസ്ത്യാനിയല്ലേ ആ എഴുതിയ പ്രാഥം പഠിച്ച കത്തോലിക്കനെ ഒന്നല്ല ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ പക്ഷേ ക്രിസ്ത്യാനി അല്ലാത്ത ചില കത്തോലിക്കനെ എവിടെ കാണും സ്വർഗത്തിൽ കാണും എങ്ങനെയാണ് എങ്ങനെയാ കാണും എന്നാൽ തിയോളജി വളരെ ശരിയായിരുന്നു അവസാനം ജീവിതത്തിൽ പാകപ്പെടാൻ പറ്റിയ ആളുകൾ എവിടെ കാണും നരകത്തിൽ കാണും അതുകൊണ്ട് ഈ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏതിനാ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തിയോളജി വേണ്ടെന്നല്ലേ പറയുന്നത് കത്തോളിക്കൻ ക്രിസ്ത്യാനിയായ കഥ എന്നുള്ള പുസ്തകം വിൽക്കുന്ന ആളുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഞാനൊരു ആളോട് പറഞ്ഞു പ്രേറിനോട് പറഞ്ഞു വേറെ ആ പുള്ളിക്ക് കൊണ്ടുപോയി ആ പുസ്തകം ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു കൊണ്ടു കൊടെ എന്ന് പറഞ്ഞു നമ്മൾ ഉപദേശം വേണ്ടെന്നല്ലേ പറഞ്ഞത് അതുള്ളപ്പം തന്നെ ഒരു ഊന്നൽ കൂടുതൽ നമുക്ക് എന്തിലുണ്ട് പാത നിരപ്പാക്കുന്നതിലുണ്ട് കാരണം മിക്കതയിൽ നമ്മൾ ചെല്ലുമ്പോൾ തിയോളജി വളരെ ശരിയായിരുന്നു പക്ഷേ ആ നിലയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ പല ആളുകൾ നരകത്തിൽ കാണും എന്നാൽ തിയോളജി അത്ര ശരിയല്ലായിരുന്നു പക്ഷേ ദൈവത്തോട് ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ഉണ്ടായിരുന്ന പലരും സ്വർഗത്തിലുണ്ടാവും ആ ഒരു കാര്യം നമ്മൾ വിസ്മരിച്ചു കളയരുത് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് കേട്ട കാര്യങ്ങൾ നമ്മൾ രണ്ട് വാക്യങ്ങൾ മാത്രമേ നമുക്കിത് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കേട്ട കാര്യങ്ങളെ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പാത പാതയിലൂടെയുള്ള ഈ യാത്രയിൽ പലപ്പോഴും നമുക്ക് എന്തു പറ്റാം തളർച്ച വരാം പക്ഷേ തളർന്നും കുഴഞ്ഞും അങ്ങനെ അതിൽ തന്നെ രസിച്ചിരിക്കാനല്ല പരിശുദ്ധാത്മാവും നമ്മളോട് പറയും മറിച്ച് എന്താ പറയുന്നത് തളർന്ന കൈയ്യ് കുഴഞ്ഞ മുഴക്കാലും നിവർത്തി പാത നിരപ്പാക്കി പിന്നെയും ഈ സത്യത്തിൻ്റെ വഴിയിൽ പ്രായോഗികമായ ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങാനാണ് നമ്മളോട് പറയുന്നത് അത് എബ്രായം ലേഖനകാരൻ മാത്രമല്ല പഴയ പുസ്തകമായ യശ്യാവിലും നമ്മൾ അതേ കാര്യം തന്നെ കാണുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യത്തെ ഗൗരവത്തോടെ എടുക്കാം നമുക്ക് പറയാം കർത്താവ് എൻ്റെ മുമ്പിലുള്ള ജീവിതത്തിൽ നീമായിട്ടുള്ള ഒരു ലളിതമായ ഒരു ബന്ധം അത് നഷ്ടമായി പോകരുത് ചുറ്റുപാടും പല വിധത്തിലുള്ള വ്യത്യസ്തമായ ഉപദേശങ്ങളും കർണരസമാകുന്ന പല കാര്യങ്ങളും ഉപദേശത്തിൻ്റെയും ഒക്കെ പേര് വരുമ്പം ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ ഓടാതെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് തൃപ്തരായിട്ട് സന്തുഷ്ടരായിട്ട് സമാധാനമുള്ളവരായിട്ട് സ്നേഹമുള്ളവരായിട്ട് ശുദ്ധഹൃദയമുള്ളവരായിട്ട് നല്ല മനസാക്ഷിയുള്ളവരായിട്ട് വിശ്വാസമുള്ളവരായിട്ട് സ്നേഹമുള്ളവരായിട്ട് അങ്ങനെ ആ ലക്ഷ്യങ്ങളെല്ലാം നേടുന്നവരായിട്ടിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് നമുക്ക് പറയാം പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ലോകത്തെ തന്നെ പിശാജ് പലതരത്തില് ആളുകളെ വഞ്ചിക്കുന്നവനാണവൻ വഞ്ചിക്കുക വഞ്ചിക്കുക മറ്റു പലതും ആണ് പ്രധാനമെന്ന് വിചാരിച്ച് ആളുകളെ വഞ്ചിക്കുന്നവനാണ് ആ വഞ്ചനയിൽ കൊടുങ്ങാതെ നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം അവൻ്റെ മുമ്പിൽ കാലമൽപമേ ഉള്ളൂ എന്നവൻ മനസ്സിലാക്കി അവൻ വളരെ തിരക്കിട്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യുകയും എന്നാൽ നമുക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ കാലം ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ അടുത്ത ഒരു ബന്ധത്തിലേക്ക് നമുക്ക് നിൽക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ode ulle nikaananda mulagile yesu disanni aanayudutini ante mama mama